മുഹമ്മദിനു ബിസലാഹു അലഹി വസല്ലമ്മിനോടൊപ്പമുള്ളവർ ചിതറിപ്പോകുന്നതുവരെ അവർക്കു വേണ്ടി ചിലവഴിക്കരുത് എന്ന് പറയുന്നവർ എന്നാൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഖജനാവുകൾ അള്ളാഹു സുബഹാനഹുഅഅഅത്യാലാവിൻ്റെതാണ് പക്ഷേ കപട വിശ്വാസികൾ അത് ഗ്രഹിക്കുന്നില്ല